ആചാര്യനും സദസ്സനും പ്രണാമം വളരെ ചുരുക്കി പറയാം പ്രഥമ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് തുടക്കം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭഗവാൻ രമണ മഹർഷിയുടെ അർത്ഥഗർഭമായ മൗനം ആ മൗനത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഏഴ് ദിവസവും വന്ന വാഗ്ധോരണി വാഗ്ദേവി ആ നാക്കത്ത് നൃത്തം വെക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പായിരുന്നു ആ മൗനം ശ്രേഷ്ഠമായി എന്തോ മൗനത്തിൽ നിന്നേ മൗനുമാണ് സ്രോതസ് തുടർന്ന് രണ്ട് പദങ്ങൾ പരിചയപ്പെടുത്തി ഹിതം പ്രിയം അതിന്റെ ദൃഷ്ടാന്തം വാൽമീകി രാമായണത്തിൽ നിന്നെടുത്തു വിഭീഷണൻ രാവണന് കൊടുത്ത ഹിതോപദേശം ിക്കുന്നങ്ങളൊക്കെ എന്നെക്കാളും ഓർക്കുന്നുണ്ടാവും തുടർന്ന് ജ്ഞപ്തി പ്രത്യഭിജ്ഞ രണ്ട് അതിശ്രേഷ്ഠമായ സംജ്ഞങ്ങളെ പരിചയപ്പെടുത്തി ഇതര പ്രഭാഷണങ്ങളിൽ കിട്ടാൻ വളരെ പ്രയാസമുള്ള രണ്ട് സംശകളാണ് ജ്ഞപ്തി പ്രത്യഭിജ്ഞ റീഡിസ്കവറി ഓഫ് യുവർ ട്രൂ നേച്ചർ ആ മൗനം ഉപനിഷത്ത് ഋഷിയുടെ ഒരതിപ്രധാന മന്ത്രം തന്നെയായിരുന്നു വാക് വിഷയമല്ലാത്ത ബ്രഹ്മവിദ്യ വാക്കുകൊണ്ട് പറയുക എന്ന സാഹസം ന വിദ്മോ ന വിജാനീമോ യഥെയ്തത് അനുശിക്ഷിയാ എങ്ങനെ പറയും വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത ബ്രഹ്മവിദ്യയാണ് വാക്കുകൊണ്ട് പറയേണ്ടത് പിന്നീട് ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത് ട്രൂത്ത് ഈസ് വെരി സിംപിൾ മൈൻഡ് ഈസ് വെരി കോംപ്ലക്സ് അതാണ് ഇൻസ്ട്രുമെന്റ് കാരണം അത്ര കോംപ്ലക്സായ മൗൻഡ് കൊണ്ട് എത്ര സിമ്പിളായ ട്രൂത്താണെങ്കിലും അതും കോംപ്ലിക്കേറ്റഡ് ആവും കോംപ്ലക്സാകും അതിൽ കൂടി സൂചന മനസ്സാണ് സൂക്ഷ്മമാക്കേണ്ടത് ഏകാഗ്രമാക്കേണ്ടത് ശുദ്ധമാക്കേണ്ടത് എങ്കിലേ ആ ട്രൂത്ത് എത്ര സിമ്പിളാണെങ്കിലും അനുഭവവേദ്യമാകൂ അതിനൊരു ഉദാഹരണം പറഞ്ഞ് തോർക്കുന്നുണ്ടാവും വേഗം തീർക്കാം സ്പേസിൽ ചന്ദ്രനിൽ പോയ ആൾ പേന കൊണ്ട് എഴുതാൻ താഴോട്ട് വരാത്തത് വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന പെൻസിൽ വിട്ടുപോയി നമ്മുടെ കൂടെ തന്നെ സദാസമയമുള്ള ഭഗവാനെ ആ ചൈതന്യ സ്വരൂപനെ എപ്പോഴും നാം വളരെ എളുപ്പം മറക്കുന്നു അല്ലാത്ത പലതും നിരന്തരം ഓർമ്മിക്കുന്നു എല്ലാ ഗാർബേജും കെട്ടിവെച്ചിരിക്കുന്നുണ്ട് എന്താണ് ഉള്ളത് അതിനെ വിസ്മരിക്കുന്നു വിവേകാനന്ദ സ്വാമികളോട് വിദേശികൾ ചോദിച്ച ചോദ്യമായിരുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് ടെലഗ്രാഫിക്കായിട്ട് പറയാം ഇത്രയധികം പൈതൃകമുണ്ടായിട്ടും എന്തേ ഭാരതം ലോകത്തെ കീഴടക്കിയില്ല ഭീരുക്കളാണ് അതിരേ കീഴടക്കുക നിലക്കുനിർത്തുക ഓൺലി സവേജസ് ഓർ ബാർബേറിയൻസ് എന്ന് തന്നെയാണ് വാക്കുപയോഗിച്ചത് അത് ധീരന്റെ ജോലിയല്ല ഞായറാഴ്ച ഫോർനൂണിൽ ഉച്ചക്ക് മുമ്പ് വിചാരിക്കാതെ ഒരു പ്ലസന്റ് ഗിഫ്റ്റ് കിട്ടി തൃപ്പൂണിത്തറ സംസ്കൃത കോളേജിൽ വെച്ചിട്ടുള്ള പ്രഭാഷണം എപ്പോഴും സംസാരിക്കുമ്പോ പശ്ചാത്തലത്തിൽ ശ്രുതി എന്ന പോലെ നിൽക്കാറ് ഭഗവാൻ രമണ മഹർഷി തന്നെയാണെങ്കിലും അവിടെ എക്സ്ക്ലൂസീവ് ടോപ്പിക് രമണ മഹർഷി നിങ്ങളിൽ പലരും വന്നതായിരിക്കും കേട്ടതായിരിക്കും അവിടെ ഗുരുതത്വം നിർവചിച്ചു ശനിയാഴ്ച ഇവിടെ തുടങ്ങിയ സ്വരൂപത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് തന്നെ അവിടെ തുടർന്നു പിന്നീട് അൽപ്പം ഗ്രൗണ്ടിലേക്ക് വന്നു തിരുച്ചുഴിയിൽ നിന്ന് മധുരവഴി തിരുവണ്ണാമലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ശ്രോത്രിയ അവൃജിനോ ബ്രഹ്മവിത്തമ നിരിന്ധന ഇവാനല അഹേതുക ദയാസിന്ധു ബന്ധുരാനവതാം സതാം ഇന്നും ആവർത്തിച്ച അതേ വാചകം അതിന്റെ ലോബറേഷൻ കിട്ടി അന്നത്തെ ഒന്നര മണിക്കൂർ ടോക്ക് ഒന്ന് ആറ്റി കുറുക്കി പിഴിഞ്ഞ് അരിച്ചെടുത്താൽ രണ്ടേ രണ്ട് പദങ്ങളിൽ നിർത്താം ഒന്നിഷ്ടം എന്നിഷ്ട ഒന്നിഷ്ടം എന്നിഷ്ട പറയൽ എളുപ്പം ശ്രമിച്ചു നോക്കൂ ഒറ്റ ദിവസം ഒരു ദിവസം മാത്രം ശ്രമിച്ചാൽ മതി നിൽക്കും ഒന്നിഷ്ടം എന്നിഷ്ട ഒറ്റ ദിവസം പോര ചുമ്മാരി എന്നൊരു മന്ത്രം കൂടി അവിടെ കിട്ടി ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ പതിമൂന്നാം അധ്യായം കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തത് ചുരുക്കി റിവൈസ് ചെയ്ത് നേരിട്ട് കുണത്ര വിഭാഗ യോഗത്തിലെ ഒന്നും രണ്ടും മൂന്നും ശ്ലോകങ്ങൾ അന്വയം ചെയ്ത് നാലാം ശ്ലോകത്തിലെത്തിയപ്പോൾ അവിടെ ഒരു സ്പീഡ് ബ്രേക്കർ വന്നു അഹം ബീജപ്രതപ്പിത്തോ ശുക്ല ശോണിതകളുടെ ചേർച്ച കൊണ്ട് മാത്രം കുഞ്ഞുണ്ടാവില്ല സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് മാത്രം ഒരു കുഞ്ഞുണ്ടാവില്ല പിന്നെയോ ചൈതന്യസ്വരൂപനായ ഭഗവാൻ അതിൽ പ്രവേശിക്കണം ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈശ്വരസ്വരൂപി തന്നെയാണ് അതൊരു വലിയ ടോപ്പിക്കാണ് അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് പരന്റിങ് നമ്മുടെ കുഞ്ഞ് നമ്മിൽ കൂടി വരുന്നു നമ്മുടേതല്ല ആ ജീവന്റെ പ്രാരബ്ധം വാസന അനുസരിച്ച് അത് പോകും നിർബന്ധ ബുദ്ധി വേണ്ട ഇന്നാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് അന്ന് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പ കുറച്ച് മിനിറ്റ് മുമ്പ് മമൈവാംശോ ജീവലോകെ വരാൻ പോണ അടുത്ത കൊല്ലത്തെ ടോപ്പിക് ഇൻട്രഡ്യൂസ് ചെയ്തു പുരുഷോത്തമ യോഗത്തിലെ ശ്ലോകമാണ് അന്ന് പറഞ്ഞത് അതിന് ദൃഷ്ടാന്തമായി രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ പതിനേഴാമത്തെ ശ്ലോകമാണ് പിതാഹ മത്സ്യ ജഗത്ത മാതാ താതാ വേദ്യം പവിത്രമോകാരതിർഭർത്താ പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃ പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം പതിനേഴും പതിനെട്ടും ശ്ലോകം കൊണ്ടാണ് അവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അന്ന് പിന്നെ കിടക്കുന്നില്ല ചെയ്തത് സത്യത്തിൽ ഒരു ഞാണില്ലാത്ത കളിയായിരുന്നു Trying to shift your identification and attention from the anatma to atma, deham to dehi, vishayam to vishayi, apara to parya, chetram to chetrajna, mithya to satya, from the inert principle to consciousness principle, sharika vare jnana illa kaliye, we are shifting. അവിടെയാണ് കുരു എന്ന പ്രസിദ്ധ ആചാര്യ ഭഗവത്പാദയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളിച്ചത് തിങ്കളാഴ്ച എവിടെ ഊന്നി ഓർക്കുന്നുണ്ടോ മങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നെക്കാളും സത്വം രജസ്തമി ഗുണപ്രകൃതി സംഭവാഹ നിബദ്ഭ്രന്തി മഹാബാഹോ ഒരേ കളരിയിൽ ഒരേ ആശ്വാന്റെ കീഴിൽ രണ്ട് കഥകളി നടന്മാരോ രണ്ട് നാടകക്കാരോ എത്രകോലം ട്രെയിനിങ് ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയാലും രംഗവേദിയിലെത്തി നാട്യം തുടങ്ങിയാൽ ആട്ടം തുടങ്ങിയാൽ രണ്ടും രണ്ടു വ്യക്തികളായി മാറുന്ന കാണാം വ്യത്യസ്ത വിഭിന്ന വളരെ വ്യത്യാസമാണ് അവിടെ എന്താ വ്യത്യാസം ട്രെയിനിങ് ഒരേ ആശാനിൽ നിന്നാണ് കിട്ടിയതെങ്കിലും മനോധർമ്മമാണ് അവിടെ വ്യത്യാസം വരുത്തുന്നത് അത് പ്രൊഫിഷ്യൻസി അല്ല എഫിഷ്യൻസി അല്ല മെമ്മറി അല്ല അഭ്യാസവുമല്ല മനോധർമ്മം അതിനൊക്കെ മനോധർമ്മം അത് നമ്മൾ നേരിട്ട് കണ്ടു കൂടെ സത്വഗുണം എങ്ങനെ ബന്ധിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് സത്വഗുണത്തിനെ ക്ലു ഇൻഡിക്കേറ്റർ തന്നപ്പോഴാണിതാ ഈ വിളക്കിന്റെ കവർ ഉദാഹരണമായി പറഞ്ഞത് കുറിക്കുകൊള്ളുന്ന ആ ദൃഷ്ടാന്തം ഒരാൾക്കും ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ മില്യൺ ഡോളർ എക്സാമ്പിൾ വിച്ചു കെൻ നെവർ എവർ ഫൊർഗറ്റ് ബംഗാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിച്ചു ക്യാൻ നെവർ എവർ മാനേജ് ടു ഫോർ ഗറ്റ് അവിടുന്ന് ആണ് പോയത് ഭാഗവത്തിലെ ദശമസ്കന്ധം അമ്പത്തൊന്നാം അധ്യായത്തിൽ മറ്റ് ശ്ലോകങ്ങളൊക്കെ വിട്ട് അമ്പത്തേഴാമത്തെ ശ്ലോകത്തിൽ തസ്മാർ യാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രമ്യഹം തസ്മാത് വിസജ്യാശിഷതോ രജസ്തമതത്വഗുണാനുബന്ധനാ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ി മാത്രം പുരുഷം പ്രജാമ്യഹം ഇതിനുവേണ്ടി അത് പറഞ്ഞതെന്നറിയോ അതൊരു വലിയ കാര്യമാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഗുണത്രയ വിഭാഗ യോഗത്തിൽ ഗുണങ്ങളെ കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ച് ഈ ദിവസങ്ങൾ മുഴുവനും ആ ഇരുപത്തേഴ് ശ്ലോകങ്ങളും അദ്ദേഹത്തിന്റെ സ്മൃതിപഥത്തിലില്ല നമ്മുടെതിലുമില്ല അത് ഉണ്ടാകരുത് തന്നെയാണ് ഉദ്ദേശം കാരണം ഗുണങ്ങൾ പ്രകൃതിയുടെ തലത്തിലാണ് മായയുടെ തലത്തിലാണ് അതി ലോവർ ലെവൽ നമ്മുടെ തലമോ അതിലും വളരെ ഉയർന്ന കാലം അതിൽ കുടുങ്ങാനല്ല ഈ ജ്ഞാനയജ്ഞം അതിനെ അതിക്രമിക്കാനാണ് അതെവിടെ പറഞ്ഞിരിക്കണു പറയാതെ പറയുന്നതിന്റെ ശക്തി എവിടെ കാണാം സാഖ്യയോഗത്തിൽ നാൽപ്പത്തഞ്ചാം ശ്ലോകം ചിന്തിക്കൂ സാധനാ പഞ്ചക ശ്ലോകം ത്രൈഗുണ്യ വിഷയ വേദാഹ ൈഗുണ്യോ ഭവ അർജുന നിർദ്വന്ദ് ഹേ അർജുന നിസ്ത്രൈഗുണ്യോ ഭവ അർജുന്റെ ഗുണങ്ങളെ അതിക്രമിക്കാൻ വേണ്ടിയായിരുന്നു ഈ അധ്യായം നമ്മളെയും തിരഗുണങ്ങളുടെ തലത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് അതിക്രമിക്കൂ ട്രൈ ടു ട്രാൻസന്റ് ട്രൈ ടു ഔട്ട്ഗ്രോ അതു തന്നെയാണ് മെസ്സേജ് അത് വാക്കുകളിലല്ല അദ്ദേഹം കൂടുതലും പറഞ്ഞത് ആചാര്യൻ നമ്മോട് അത് പ്രാക്ടിക്കലായി ലബോറട്ടറി മാതിരി കാണിച്ചു തന്നു ഓരോ ശ്ലോകവും എടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും രജസനെ പറഞ്ഞപ്പോഴും തമസനെ പറഞ്ഞപ്പോഴും പറഞ്ഞ ഉടനെ തന്നെ ഇറേസർ കൊണ്ട് മായ് നമ്മളതിൽ നിന്ന് ഔഡ്ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊരു സാധാരണ സംഭവമല്ല അസാധാരണമാണ് ഒന്നിനെ പറയുക അതിൽ നിങ്ങൾ അറ്റൻഷനെ ഉടനെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക പറയുന്നതിൽ നിർത്താതിരിക്കുക ചൊവ്വാഴ്ച നമുക്ക് ആദ്യം സംശയം തോന്നി ഒക്കെ കൂടി ഗീത വിട്ട് നാരായണത്തിൽ പോയോ ഭാഗവത്തിൽ സാധാരണ പോകുന്നുണ്ടെങ്കിൽ പട്ടതിരിപ്പാട് എന്റെ രോഗം മരണേ എന്നേ പറഞ്ഞിട്ടുള്ളൂ എപ്പോഴും തൊണ്ണൂറ്റി മൂന്നാം ദശകത്തിൽ എത്തുമ്പോഴാണ് ം രജപവനപുരാധീശ അപ്പോഴ അദ്ദേഹത്തിന് മനസ്സിലായി രോഗമല്ല മാറ്റേണ്ടത് രോഗം അവിടെ ഇരുന്നോട്ടെ ദേഹ താതാത്മ്യമാണ് പോകേണ്ടത് ആ ശ്ലോകത്തിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഇത്ര ഭംഗിയായി കൊടുത്ത് കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് ഏതായാലും ഞാൻ കേട്ടിട്ടില്ല ദേഹസ്ഥോപി നേഹസ്ഥാദ്യം പറഞ്ഞിട്ടാ തുടങ്ങിയത് അന്നാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശൃംഗേരി സ്വാമികൾ ശിഷ്യരുമായിട്ടുള്ള സംവാദം അതിൽ പാട്ടിയെ കൊണ്ടുവന്നത് സുമങ്കലി ഓർമ്മയില്ലേ ഉണ്ട് അത് തന്ന സന്ദേശം ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗത്തിലെ അമാനിത്വം അദംഭിത്വം അഹിംസ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കിട്ടും സദ്ഗുണാഹ പറയാതെ പറഞ്ഞ അതാണ് ഗുരുപൂജ അതാണ് ഗുരുദക്ഷിണ ഇന്നും അത് ആവർത്തിച്ചു പിങ്കളയിലേക്ക് പോകാനും കാരണം അതാണ് മൂന്ന് തവണ പിങ്കളയിലേക്ക് പോയി സ്വന്തം സമീപേ രമണം ബുധനാഴ്ച ബ്രഹ്മവിദ്യ സുസമ്പാദ്യ ഭാഷ്യകാരൻ ആചാര്യ സ്റ്റേറ്റ്മെന്റ് അതിനെ സപ്ലിമെന്റ് ചെയ്യുന്നു ഭഗവാൻ രമണ മഹർഷി അതിസുലഭം സുലഭമാണ് ആത്മസാക്ഷാത്കാരം ഇത്ര സുലഭമായി എന്തുവേറെ വിഷ്ണു സഹസ്രനാമത്തിലെ സുലഭ നാമവും എന്നിട്ടും പൂരിപ്പിച്ചോളൂ ഇത്ര സുലഭമായിട്ടും അവിടെ സാധനകൾ വാരി വിതറിയിരുന്നു എന്റെ പിന്നാലെ ഗീതയിലെ എല്ലാ കർമ്മങ്ങളും ഉപാസനകളും ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ് ഈശ്വരപ്രാപ്തിക്കുള്ള ഈശ്വരജ്ഞാനത്തിനുള്ള യോഗ്യത എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് മറ്റൊന്നിനുമല്ല അതിൽ കൊടുങ്ങാനല്ല ജ്ഞാന യോഗ്യതയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് എടുത്തു പറഞ്ഞു ആ ഘട്ടത്തിലൊന്നും കൊടുങ്ങരുതെന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സർവാരംഭ്യ പരിത്യാഗിയായി ജീവിക്കൂ പൊതുതായിട്ടൊന്നും തുടങ്ങാതിരിക്കൂ ഉള്ള കൊണ്ടുവന്ന വാസനകളെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കൂ കൂട്ടത്തിലൊന്നും ഗ്യാദർ ചെയ്യാതിരിക്കൂ അതേ പദമാണ് ഉപയോഗിച്ചത് കലക്ട് ചെയ്യാതിരിക്കൂ കർമ്മത്തെ നിഷ്കാമമാക്കി ഏകാഗ്രത നേടി സൂക്ഷ്മത നേടി ശുദ്ധി നേടി ശുദ്ധമായ അന്തകർമ്മത്തോടുകൂടി ജ്ഞാനം നേടി രക്ഷപ്പെടൂ വ്യാഴാഴ്ച മണിയടി നീണ്ടപ്പോ സമയം നഷ്ടപ്പെടുത്തിയില്ല ശിവാനന്ദ ലഹരിലെ ശ്ലോകത്തിന്റെ ഒരൊഴുക്കായിരുന്നു പതിനഞ്ചോ ഇരുപതോ ശ്ലോകങ്ങൾ ഒറ്റടിക്ക് പോയി മണിയടിയുടെ ഇടയിൽ അന്ന് പകൽ ചിന്മയാമിഷനിൽ നടന്ന ഭാഗവത സത്സംഗത്തിന്റെ അല്പം അലയടി ബാക്കിയുണ്ടായിരുന്നു ശിവാന്തലേരിക്കൊപ്പം തൃതീയസ്കന്ധമായിരുന്നു അവിടെ ചർച്ച ചെയ്തത് നാം അറിയാതെ യാത്ര ചെയ്യാതെ നമ്മെ യമുനാ തീരത്തേക്കും അവിടുന്ന് ഹരിദ്വാരത്തിലേക്കും കൊണ്ടുപോയി വിതുര ഉദ്ധവ സമാഗമവും പിന്നീട് വിതുര മൈത്രേയ സംവാദവും യമുനാതീരം ഭക്തിക്ക് പേരുകേട്ടതാണെങ്കിൽ ഹരിദ്വാരം ഗംഗാതീരം ജ്ഞാനത്തിന് പേരുകേട്ടത് വിതുരൻ മൈത്രേയൻ ഇടയിൽ ഉദ്ധവൻ ശിവാന്തരയിലിര പതിനഞ്ചിരുപത് ശ്ലോകങ്ങൾ ജോലിയെങ്കിലും ഒന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാഗത്വമിതോ ഗിരിശഭോ അയ്യേ വാസം കുരു സ്വാമി നാതികിരാത മാമകാന്താര സീമാന്തരേ വർത്തന്തേ ബഹുശോ ആശയത്തിലായിരുന്നു മനസ്സ് ഇത് കാണാമായിരുന്നു ശ്രുതി അതായിരുന്നു പറഞ്ഞത് അതായിരുന്നില്ല സാധനങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തത് കാരണം അന്തരങ്ങൾ ശുദ്ധമാക്കൽ തന്നെയായിരുന്നു അവിടെയും ഉദ്ദേശം അദ്ദേഹം നൂറ്റി ഇരുപത് മിനിറ്റ് എടുത്തത് ഞാൻ ചുരുക്കി ഒന്നര മിനിറ്റിലേക്ക് ഇതുവരെ കൊണ്ടുവന്നു വാച്ച് നോക്കണ്ട എനിക്കറിയാം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് മിനിറ്റ് എടുത്തത് ഞാൻ ഒന്നേ കാൽ മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഒന്നര മിനിറ്റ് എടുത്തിട്ടില്ല അത്ര ഒപ്പിച്ചു അത് മതി പോരെ ഇത്രയും ടെലഗ്രാഫിക്കായി പറഞ്ഞാൽ ഹെഡ്ലൈൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിയിട്ടില്ലേ കിട്ടും ധാരാളം എത്ര പറഞ്ഞാൽ തീരും തീരില്ല ആ മൗനം മനസ്സിലുണ്ടോ എങ്കിലെല്ലാം ഉണ്ടാകും വാക്കായ ദേവി വഴിപോലെ രസം നടിച്ച് ആ നാക്കായ രംഗഭുവിനി ഭൂയി നിരന്തരം നൃത്തം ചെയ്യട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും സമയം കളഞ്ഞുകൂടാ തിരിയണം അരങ്ങിൽ നിന്ന് ഉടൻ പറയാൻ ധാരാളം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല നിങ്ങളൊക്കെ വീട്ടിലെത്തേണ്ടവരാണ് വളരെ ദൂരത്ത് നിന്ന് വന്നവർ മുഖം കാണുമ്പോ ഞാൻ വാക്കുകൾ വിഴുങ്ങിപ്പോകുന്നു ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വലിയ ഭാഗ്യം വന്നവരും വരാത്തവരും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച ഭാരവാഹികൾക്ക് എറണാകുളത്തപ്പൻ വേണ്ടത്ര അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രണാമം ആചാര്യന് ദീർഘദണ്ഡ പ്രണാമം ോര്യന്തോ ബൃഹസ്പതി വിഷ്ണുരുരുക്കമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ മേവ പ്രത്യക്ഷം ബ്രഹ്മാസി മേ പ്രത്യക്ഷം ബ്രഹ്മ വത്തിഷ്യമി ഋതം വത്തിഷ്യമി സത്യം വത്തിഷ്യമി തന്മാമവു അമതു മാം അവതുപത്തിശാതി ബ്രംഹേ ദിവ്യജ ഖൽവിമാനി ഭൂതന് ആനന്ദിനാതീവീ ആനന്ദം പ്രയന്യപി സംവിശന്തീതി സൈഷാഭർഗവീ വാരുണീ വിദ്യ പരമേ വ്യോമൻ പ്രതിഷിത യംവേദ പ്രതിഷത്തി അന്നാ ഭവതി മഹാഭവതി പ്രജാ പശുഭർ ബ്രഹ്മ വർച്ചസ മഹാൻ കീർത്തിയാ നാമസങ്കീർത്തനം ചെയ്തിട്ട് നിർത്താം പിന്നെ ഇവിടെ വന്ന് അക്ഷരയും പ്രസാദവും വാങ്ങിച്ചുള്ള കുറച്ചുപേരെ ഉള്ളു പെട്ടെന്ന് തീരും ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ ഹേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരിം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരിം ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഗോവിന്ദന സങ്കീർത്തനോ മവസി ത്വമ തോന്നം മമ കിഞ്ചിതസ്തിയ തേഷ്ടം കൂരുമാം തഥവ ം ആത്മന